നജാഷി ആകട്ടെ ജാഫർബ് നബി താലിബ്രി അള്ളാഹു അഹുവിന്റെ ധാവത്ത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഇസ്ലാം മറച്ചു വെക്കുകയും ചെയ്തു പിന്നീട് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോയി ഒൻപതാമത്തെ വർഷത്തിൽ നജാഷി മരണപ്പെട്ടു നജാഷി മരിക്കുന്നത് ഹിജറ ഒൻപതിലാണ് റസൂൽ ഹിസുള്ളാഹു അലി വസ്ല്ലം നജാഷിക്ക് വേണ്ടിയാണ് സലാത്തുൽബ് മരണവർക്ക് വേണ്ടിയുള്ള നിസ്കാരം മയ്യത്ത് നിസ്കാരം നിർവഹിച്ചതു. സഹാബികൾ ഒരുമിച്ചുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാശിക്ക് വേണ്ടി സലാത്തുൽ ഗായിബിന്റെ നിസ്കാരം അതായത് മരിച്ച മയ്യത്തിനെവർ മരണമയ്യത്തിനെ വേണ്ടിയുള്ള നിസ്കാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതു. കാരണം നജാശി നസ്രാണികളുടെ നാട്ടിലായിരുന്നു. അദ്ദേഹത്തിനു വേണ്ടി നിസ്കരിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാശിക്ക് വേണ്ടി നിസ്കരിച്ചതായി ഹദീസുകളിൽ വന്നതായി കാണാം. ശരി ഇതാണ് രണ്ടാമത്തെ ഹിജറയിൽ സംഭവിച്ച കാര്യം രണ്ടാമത്തെ ഹിജറ അതോടൊപ്പം രണ്ടാമത്തെ ഹിജറയിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒന്ന് അവർ തിരിച്ചു വന്ന സംഭവമാണ് ഹിജറ പോയ ഈ നൂറാളുകൾ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ അവർ ഓരോ കൂട്ടം കൂട്ടമായാണ് പിന്നീട് അബിസീനിയയിൽ നിന്ന് ഹബയിൽ നിന്ന് അവർ തിരിച്ച് മദീനയിലേക്ക് ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം ചിലർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തായാലും ചുരുക്കി പറയാം അബിസീമിയയിലേക്ക് ഹിജറ പോയ ഈ സംഘം അവർ പൂർണമായി തിരിച്ചുവരുന്നത് ജാഫർ നബിപ്പാൽ അള്ളാഹു അലഹുന്റെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വരുന്നത് നബിസൊല്ലാഹു അലഹു വസം അവിടുന്ന് ഹൈബർ യുദ്ധത്തിനു വേണ്ടി അല്ലെങ്കിൽ ഹൈബർ യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിലാണ് റസൂൾ ഹൈബർ യുദ്ധം വിജയിച്ചതിന് ശേഷം കിടങ്ങു കുഴിച്ചുണ്ടായ യുദ്ധം അത് മദീനയിൽ സംഭവിച്ച യുദ്ധമാണ് ആ യുദ്ധം വിജയിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ജാഫറുബു നബി താലുബിന്റെ നേതൃത്വത്തിൽ അബിസീനയിലേക്ക് പോയ മുസ്ലിമീകളുടെ സംഘം തിരിച്ചുവരുന്നത് റസുൽഹി സല്ലാഹു അലിഹു വസ്സലമക്ക് ആ വർഷത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് ഹിജറ ഏഴാം വർഷത്തിലാണ് അബിസീനയിലേക്ക് പോയ ഈ സംഘം മദീനയിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ ഈ ദീർഘമായ കാലഘട്ടത്തോളം അവർ മുസ്ലിമീങ്ങൾ അബിസീനയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അബീനിയയിലേക്കുള്ള ഈ ഹിസ്രൈൽ ഉള്ള പാഠങ്ങളിലൊന്ന് പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയതുപോലെ സുഹൈലി ധാരാളം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതിലുള്ള പാഠങ്ങളിലൊന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദീൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥ അയാൾ പേടിക്കുകയും ഇസ്ലാമികമായി അയാൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അയാൾക്ക് അതിന് സാധിക്കുന്ന നാട്ടിലേക്ക് പോകൽ നിർബന്ധമാണ് അതാണ് ഹിജറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് അയാളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അയാൾ ഇപ്പോൾ നിൽക്കുന്ന നാട്ടിൽ സാധിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ അയാളുടെ ദീൻ നഷ്ടപ്പെടുമെന്ന പേടി അയാൾക്ക് ആ നാട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ തൻ്റെ ദീൻ സുരക്ഷിതമാക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് ഹിജറ പോകൽ അയാൾക്ക് നിർബന്ധമാണ് അത് ചില സന്ദർഭത്തിൽ മുസ്ലിമികളുടെ നാടായി കൊള്ളണമെന്ന് പോലുമില്ല ഇവിടെ സംഭവിച്ചതുപോലെ ഇവിടെ മക്ക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് റസൂൾ ലാഹിസ്വലാ സബ്ബി ജീവിക്കുന്ന നാടൻ സഹാബികളുള്ള നാടാൻ കബ ഉള്ള നാടൻ ഖുറാൻ അവതരിച്ച നാടാണ് അനേകം പ്രത്യേകതകളുള്ള നാടാണ് മക്ക ഈ മക്കയിൽ നിന്നാണ് നസറാനികളുടെ നാടായ അവർക്ക് ഭരണമുള്ള അവർ ബഹുഭൂരിപക്ഷമുള്ള നാട്ടിലേക്ക് മുസ്ലിം ഹിജറ പോയത് ഈ ഹിജറ പോയ ആളുകളാകട്ടെ അവർ രണ്ട് ഹിജറ ലഭിച്ച ആളുകളാണ് സഹാബികളാണ് എന്ന് ാഹി സാഹുലിം അവരെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അവർ ചെയ്തത് വലിയ മഹത്തരമായ അമല പ്രവർത്തിയാണ് മഹത്തരമായ വിവാദത്താണ് അപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന നാട്ടിലേക്ക് മാറി താമസിക്കുക എന്നത് മുസ്ലിമായ ഓരോ ആളുകളുടെയും നിർബന്ധ ബാധ്യതകളിൽ എന്ന പാഠം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇനി ഒരാൾക്ക് ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അനിസ്ലാമിക രാജ്യത്തേക്കാണെങ്കിലും അവർ മാറി താമസിക്കട്ടെ അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ ഒരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മറ്റൊരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് അയാൾ താമസിക്കട്ടെ അത് ചിലപ്പോൾ രാജ്യങ്ങളായി കൊള്ളണമെന്നില്ല അപ്പൊ ചിലപ്പോ ചില നാടുകളിലാവും പിന്നെ അവിടെ മുസ്ലിമായി ജീവിക്കുക എന്നത് വലിയ പ്രയാസമായിരിക്കും അത് ചിലപ്പോൾ പഞ്ചായത്തായിരിക്കും ആ പഞ്ചായത്തിൽ കുറേ പ്രയാസം അവൻ മുസ്ലിംകളുള്ള സ്ഥലത്തേക്ക് മാറട്ടെ അവിടെ അവൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻറെ ഇസ്ലാമിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല അവന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഷിർക്കും അതിന്റെ ആളുകളും ഷിർക്കിന്റെ അടയാളങ്ങളും കൂടെ പ്രകടമാണ് അവന്റെ കുടുംബത്തിലേക്കോ അവനിലേക്ക് തന്നെയോ അതല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ കയറി വരുമെന്ന് അവൻ ഭയക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് അവൻ പോകട്ടെ അതിന്റെ മാർഗ്ഗത്തിൽ അവന് നഷ്ടമുണ്ടായാലും ചിലപ്പോൾ വീട് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും ഭൂമി നഷ്ടത്തിൽ വിൽക്കഴിച്ചപ്പോൾ ഒന്നും വിൽക്കാൻ പറ്റാതെ അവനെല്ലാം ഇട്ടെറിഞ്ഞു പോരേണ്ടി വരും അങ്ങനെ എല്ലാം സംഭവിച്ചാലും അവൻ ഏറ്റവും വലുത് അവന്റെ ദീനാണ് എന്ന കാര്യം അവൻ സ്വന്തത്തെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ അവൻ തയ്യാറാവുകയും വേണ്ടതുണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി ഇതാണ് അബിസീനയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറ ചുരുക്കി പറഞ്ഞ ഈ സന്ദർഭത്തിൽ മക്കയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഷാബു അബി ഫാലിബിൽ മുസ്ലിംങ്ങളെ മക്കയിലെ മുഷിരിക്കുകൾ ഉപരോധിച്ചു എന്നത് മക്കയിലെ മുഷിരിക്കുകൾ അവർ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ മുസ്ലിംങ്ങൾ അവരുടെ ദീനം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു കുറെ ശിക്ഷിച്ചു നോക്കി കുറെ പണം വാഗ്ദാനം ചെയ്തു നോക്കി ധാരാളം വഴികൾ അവർ സ്വീകരിച്ചിരുന്നു അതൊന്നും ഫലിക്കാതെയായി ഇസ്ലാമാകട്ടെ വളരെ വ്യാപിക്കുകയും ജനങ്ങൾക്കിടയിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയും അപ്പോൾ മക്കയിലെ മുഷിരിക്കുകളിൽ ചില ആളുകൾ അവർ കൂടിയിരിക്കുകയും അങ്ങനെ അവർ പരസ്പരം ഇനി എന്താണ് അടുത്തതായി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അബിസീനിയയിൽ നിന്ന് നാണം കെട്ടി തിരിച്ചു വരേണ്ടി വന്നു അത് അവരുടെ മനസ്സിന് വല്ലാതെ പ്രയാസ അങ്ങനെ അവർ അവരിൽ ചില നേതാക്കന്മാർ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവർ ഒരു കരാർ തയ്യാറാക്കുകയും ചെയ്തു ആ കരാർ പ്രകാരം നബിസല്ലാഹുഅലി വസ്ല്ലമേ മുഹമ്മദ് മുഹമ്മദിനെ അബു മുത്താലിബോ അതല്ലെങ്കിൽ ബനു ഹാഷിം കുടുംബം അല്ലെങ്കിൽ ബനുഅ അബ്ദുൽ മുത്താലിബ് കുടുംബം അവർ നബിയെ തിരിച്ചു നൽകുന്നതുവരെ അവർ നബിയെ വിട്ടു നൽകുന്നതുവരെ മുഹമ്മദിന്റെ ഈ പ്രബോധനം അവസാനിപ്പിക്കുകയോ അതല്ലെങ്കിൽ മുഹമ്മദിനെ അവർ വിട്ടു നൽകുകയോ ചെയ്യുന്നതുവരെ ബനു ഹാഷിം കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല അവർക്ക് വസ്തുവകകൾ വിൽക്കാൻ പാടില്ല അവരിൽ നിന്ന് വസ്തുവകകൾ വാങ്ങാൻ പാടില്ല അവരിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല അവർക്ക് കല്യാണം കഴിച്ചുകൊടുക്കാൻ പാടില്ല അവരുമായി കൂടിയിരിക്കരുത് അവരോട് സഹകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് അവരുമായി പൂർണമായ ബന്ധ ഉണ്ടാക്കുകയും അവർക്ക് കടുത്ത പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന കരാർ അവർ തയ്യാറാക്കി അങ്ങനെ ഈ കരാറ് അവർ അത് കഥയുടെ മതിലിൽ ഈ കരാർ അവർ കെട്ടിത്തൂക്കുകയും ചെയ്തു ഇതിനുശേഷം മക്കയിൽ മക്കയിൽ മുസ്ലിംങ്ങൾ കടുത്ത പ്രയാസങ്ങളുടെ ദിനങ്ങളാണ് പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നത് അബു താലിബ് അദ്ദേഹം ഈ ഒരു കരാർ ഉണ്ടായ വിവരം അറിഞ്ഞതോടുകൂടി അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ബനു അബ്ദുൽ മുത്തലിബിലും ബനു ഹാഷിമിലും ആളുകളെ വിളിച്ചു എന്നിട്ട് അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മുഹമ്മദിനെ ഉട്ടു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് ഞാനാകട്ടെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ തയ്യാറാണ് ആരാണ് ഉള്ളത് അവരെന്നോടൊപ്പം ഒരുക ആരാണ് എന്നോട് നിൽക്കുന്നവർക്ക് പോകാൻ അങ്ങനെ അബു താലിബിന്റെ സംസാരം കേട്ടപ്പോൾ ബനു ഹാഷിം കുടുംബവും ബനുഅബൽ മുത്താലിബ് കുടുംബവും അവർ മുഴുവനായി അബൂ താലിബിനോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അതിൽ മുഷിരിക്കുകളുണ്ട് മുസ്ലിമികളും ഉണ്ട് എല്ലാവരും ഒരുപോലെ തന്നെ അബൂ താലിബിനോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു അബുലഹബണിന്റെ അബുൽ അഹബ് മാത്രമാണ് ഈ വിഷയത്തിൽ കുറൈശികളോടൊപ്പം നിന്നത് ബാക്കി എല്ലാവരും അബൂ താലിബിന്റെ നിലപാടിനോട് യോജിച്ചു അതിന് കാരണം അവരുടെ കുടുംബ അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന കുടുംബത്തോടുള്ള സ്നേഹവും അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന വൈകാരിക ബന്ധങ്ങളും ഒക്കെയായിരുന്നു അങ്ങനെ ഹാഷിം കുടുംബവും അബ്ദുൽ മുത്തലിബിന്റെ കുടുംബവും അവർ ഷാബു അബി താലിബ് അല്ലെങ്കിൽ ഷാബു അബ്ദുൽ മുത്തലിബ് എന്നറിയപ്പെട്ട മലകൾക്ക് ഇടയിലുള്ള ഒരു താഴ്വാരത്തിൽ അവർ അവിടേക്ക് മാറി താമസിച്ചു ഈ സന്ദർഭത്തിൽ മക്കയിലെ പുറയ്ശികൾ അവർ കഴിയാവുന്ന രൂപത്തിലെല്ലാം മുസ്ലിംങ്ങളെ ഈ സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തി അബൂ ലഹബ് അവൻ മക്കയിലേക്ക് കച്ചവടക്കാർ വരുമ്പോൾ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ അടുക്കൽ പോയി സാധനം വാങ്ങിക്കും ഭക്ഷണ സാധനങ്ങളുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പുറേശികൾ എല്ലാവരും പോയി സാധനം വാങ്ങിക്കും മുസ്ലിമീങ്ങൾക്ക് അത് വേണ്ടി അങ്ങനെ എല്ലാ സാധനവും അവർ വാങ്ങിച്ചുവെക്കും അബൂ കച്ചവടക്കാരുടെ അടുക്കലെല്ലാം നടന്നു പറഞ്ഞു നിങ്ങൾ മുസ്ലിം ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് സാധനം ചോദിച്ചാൽ ഇരട്ടി പണം പറഞ്ഞു അവർക്കൊരിക്കലും വാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള വില നിങ്ങൾ പറയണം എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അതിന്റെ അലട്ടിപ്പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ഒരിക്കലും നിങ്ങൾ മുസ്ലിം ഭക്ഷണം കൊടുക്കരുത് അങ്ങനെ മുസ്ലിംങ്ങളെ അവർ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സന്ദർഭത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അവരുടെ മുസ്ലിംകളുടെ പ്രയാസം വളരെ കടുത്തു എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകൾ മക്കയിലേക്ക് രാവിലെ കബയുടെ അടുക്കലേക്ക് പുറപ്പെടും എന്തെങ്കിലും സാധനം വായിക്കാൻ വേണ്ടി വൈകുന്നേരമായ ഒന്നും കയ്യിലില്ലാതെ അവർ തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് പോകും അവരുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടായിരിക്കും അവസാനം കബയുടെ പരിസരത്തേക്ക് അവരുടെ പർവ്വതങ്ങൾക്ക് അപ്പുറത്തേക്ക് മുസ്ലിമീങ്ങളുടെ കുട്ടികൾ കരയുന്ന കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ചില സഹാബികൾ അതിൽ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി വിശപ്പ് കടുത്തത് വിശപ്പിന് ഭക്ഷണമില്ല അതുപോലെ തന്നെ ധരിക്കാൻ വസ്ത്രവുമില്ല കടുത്ത പ്രയാസത്തിലേക്ക് മുസ്ലിംകളെ അവർ ഈ സന്ദർഭത്തിൽ തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായി അബു താലിബാകട്ടെ സുഹാനുള്ള ആ സന്ദർഭത്തിൽ നബ്സല്ലാസലെ അബു താലിബ് ഏറ്റവും നന്നായി ശ്രദ്ധിച്ചിരുന്നു കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അബൂ താലിബ് അദ്ദേഹം ജനങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമായി കഴിഞ്ഞാൽ നബ്സല്ലാ വസ്ലമെ വിളിക്കും എന്നിട്ട് റസൂൾ അള്ളയോട് പറയുന്ന കിടക്കാനുള്ള സ്ഥലത്തേക്ക് പോയി കിടക്കാൻ പറയും അങ്ങനെ ആരെങ്കിലും റസൂൾ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് മുഹമ്മദ് കിടന്നിട്ടുണ്ട് എന്ന് കാണാവുന്ന രൂപത്തിൽ അബൂ താലിബ് നബ്സല്ലാഹു അലഹി വസല്ലമ്മ വിരിപ്പിൽ കൊണ്ടുപോയി കിടത്തും എല്ലാവരും ഉറങ്ങി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റസൂൾ വിളിച്ചു കൊണ്ടുപോകും എന്നിട്ട് മറ്റേതെങ്കിലും വിരിപ്പിൽ കൊണ്ടുപോയി കിടത്തും റസൂൾള്ളയുടെ വിരിപ്പിൽ മറ്റാരെയെങ്കിലും കിടത്തും ഇങ്ങനെ എല്ലാ ദിവസവും അബൂ താലിബ് നബ്സള്ളാഹു അലഹി വസല്ലമ്മയുടെ സംരക്ഷണം അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അള്ളാഹു സുഹാ താലിബിന്റെ മനസ്സിൽ റസൂൾ ഇത്ര കടുത്ത സ്നേഹം നിക്ഷേപിച്ചത് കാര്യത്തിൽ സംശയമില്ല അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നബിസല്ലാഹു അലിഹു വസല്ലമൊക്കെയുള്ള സംരക്ഷണമായിരുന്നു എന്നതിലും യാതൊരു സംശയവുമില്ല അങ്ങനെ ഈ ഒരു കാലഘട്ടം അങ്ങേയറ്റം പ്രയാസത്തോടു കൂടിയാണ് മുസ്ലിംങ്ങൾ കഴിച്ചുകൂട്ടിയത് ഏതാണ്ട് മൂന്ന് വർഷത്തോളം മുസ്ലിമിങ്ങൾ ഷാബു അബി താലിബ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ചില സഹാബികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുമായിരുന്നു ഞാൻ അവർ ഇല ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല അങ്ങനെ മരത്തിന്റെ ഇല അവർ ഭക്ഷിക്കുമായിരുന്നു ആട് ഭക്ഷിക്കുന്നത് ആ മരത്തിന്റെ ഇല ഭക്ഷിക്കും അങ്ങനെ ആട് കാഷ്ടിക്കുന്നത് അവർ കാഷ്ടിക്കുമായിരുന്നു സഹാബികൾ ചില പറഞ്ഞതായി കാണാം ഞാൻ ഒരു ദിവസം ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോൾ മൂത്രം ഒഴിക്കാതിരുന്ന സ്ഥലത്തിന്റെ ഒരു എല്ലിന്റെ കഷ്ണം കിടക്കുന്നു ഞാനത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു വെള്ളത്തിലിട്ടു എന്നിട്ട് ആ വെള്ളം അത് എല് അതിൽ മുക്കി ആ വെള്ളം കുടിച്ചാണ് മൂന്ന് ദിവസം ഞാൻ ജീവിച്ചത് എന്ന് സഹാബികൾ ചില പറഞ്ഞതായി കാണാം പല സഹാബികളും ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഉപരോധത്തിന്റെ സമയത്ത് പല സഹാബികളും മരണപ്പെട്ടിട്ടുണ്ട് അലഹു വസ്ലമിന്റെ സഹാബികളും അങ്ങേറ്റം പ്രയാസം അനുഭവിച്ചു പുറേശികൾ എല്ലാവരും അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ചില പുറേശികൾ അവർക്ക് മുസ്ലിംകളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ ആരെങ്കിലും മുസ്ലിംങ്ങളെ സഹായിക്കാൻ പുറപ്പെട്ടാൽ മുഷ്രിഖുകൾ ഇവരെ തടഞ്ഞു വെക്കും എന്നിട്ട് ഭീഷണിപ്പെടുത്തും ആ സന്ദർഭത്തിൽ നബി സല്ലാഹു അലിഹു വസ്ലമേയും സഹാബികളെയും സഹായിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എങ്കിലും വലിയൊരു വിഭാഗം മുഷിരിക്കുകൾ അതിന് തയ്യാറായിരുന്നില്ല അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞുപോയി ഈ ഒരു സന്ദർഭം നമ്മൾ വിചാരിക്കും പരീക്ഷണങ്ങൾ കടുത്ത സന്ദർഭമാണ് പക്ഷെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഇസ്ലാമിന് രണ്ട് നിലക്ക് ഈ കാലഘട്ടം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഇങ്ങൾക്ക് രണ്ട് നിലക്ക് ഈ കാലഘട്ടം നേട്ടമായി തീർന്നു ഒന്നാമത്തെ കാര്യം മുസ്ലിം ഇങ്ങനെ അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ കാലഘട്ടത്തിൽ ലഭിക്കാൻ തുടങ്ങി അസ്രാനികളിൽ ചില ആളുകൾ സുല്ലാൻ എടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതുപോലെ തന്നെ മുൻപ് മുസ്ലിം കടുത്ത നിലപാട് വെച്ച് പുലർത്തിയിരുന്ന പലരുടെയും മനസ്സ് മയപ്പെടാൻ തുടങ്ങി ഇക്കണ്ട പരീക്ഷണം ഒക്കെ അവരനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കിയിടുന്നു ഒന്ന് അതായിരുന്നു രണ്ടാമത്തേത് മുഷരിക്കുകളുടെ ഐക്യം അവർക്കുള്ളിൽ നിന്ന് തന്നെ തകരാൻ തുടങ്ങി മുഷിരിക്കുകളിൽ ചിലർ തന്നെ സ്വയം ചോദിക്കാൻ തുടങ്ങി അത്ര അധികം അവരെ ബുദ്ധിമുട്ടിക്കുക ശരിയാണോ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയായൊരു കാര്യമാണ് നീതിയാണോ എന്തു വലിയ ഉന്മ എന്തു നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കിടയിൽ തന്നെ സംസാരം ഉണ്ടാകാൻ തുടങ്ങി ഇങ്ങനെ രണ്ട് നിലക്കത്ത് മുസ്ലിമുകൾക്ക് നേട്ടമായി ഒന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവാൻ അത് കാരണമായി രണ്ട് മുസ്ലിമീങ്ങൾ അവർക്ക് എതിരെ നിന്നിരുന്ന മുശിക്കുകൾ അവരുടെ ഉള്ളിൽ തന്നെ ഭിന്നിപ്പും പരസ്പരം അഭിപ്രായ ഉണ്ടാക്കാൻ ഈ ഒരു കാലഘട്ടം കാരണമായിട്ടുണ്ട് അങ്ങനെ മൂന്ന് വർഷം ഈ അവസ്ഥയിൽ കഴിഞ്ഞുപോയി അങ്ങനെ ഇരിക്കെയാണ് പുറേശികളിൽപ്പെട്ട നല്ല സ്വഭാവവും കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുമുള്ള ആളുകളിൽ ചിലർ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ ഈ ചെയ്യുന്നത് എന്തുവലിയ ഗുരുതരമായ അപരാധമാണ് അങ്ങനെ ഹിഷാബുഅമർ എന്നുപേരുള്ള കുറേശുകളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹം അബി ഉമയ്യയുടെ അടുക്കിലേക്ക് ചെന്നുറിന്റെ അടുക്കിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലേർ നിന്റെ എളാപ്പമാർ അവിടെ ഷാഗു അബി പാലിവിൽ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തിന്നാൻ ഭക്ഷണമില്ല നീ ഇവിടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കല്യാണം കഴിക്കാൻ അനുവാദമില്ല നീ ഇവിടെ നിന്റെ ഭാര്യമാരോടൊപ്പം ജീവിക്കാൻ നീ എന്തു വലിയ സുഖത്തിലാണ് നിന്റെ കുടുംബമല്ലേ അവിടെ പ്രയാസപ്പെടുന്നത് അബൂജഹലിന്റെ എളാപ്പമാരെ ഇതുപോലെ അവിടെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അബൂജഹൽ സംവദിക്കുമായിരുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ നമ്മളോട് ഇതൊക്കെ പറഞ്ഞത് അബൂജഹൽ ആണല്ലോ അബൂജഹലിന്റെ കുടുംബക്കാരെ ഇതേപോലെ അവൻ പ്രയാസപ്പെടുത്താൻ തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാവില്ല അങ്ങനെ അദ്ദേഹം ജുഹൈറിന്റെ അടുക്കൽ പോയി സംസാരിച്ചു അപ്പോൾ സുഹൈർ പറഞ്ഞു എനിക്കും നീ പറയുന്നതിനോട് യോജിക്കുണ്ട് പക്ഷെ ഞാൻ ഒറ്റയാളല്ലേ ഞാൻ എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെടും രണ്ടാമതൊരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമായിരുന്നു ഈ ഒരു അതിക്രമം അവസാനിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ ഹിഷാമുബ്ബു അമർ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ട് ആരാണ് ഞാൻ തന്നെയാണ് ഞാൻ നിന്റെ ഒപ്പം നിന്നെ സഹായിക്കാൻ നിന്റെ പിന്നിൽ ഞാൻ തന്നെ കൂടി നിൽക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നാമതൊരാളും കൂടി വേണം രണ്ടാളെ പോലെ മൂന്നാമതൊരാളും കൂടി വേണം അങ്ങനെ ഹിഷാം അദ്ദേഹം കളിലെ നേതാക്കന്മാരിൽപ്പെട്ട മറ്റു ആളുകളെ തേടി ചെന്നു അദ്ദേഹത്തിൽ അദ്ദേഹം അൽ മുത്തമു അദി എന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നു മുത്തഹു അദീനോട് ഇതുപോലെ തന്നെ സംസാരിച്ചു മുത്തൈൻ പറഞ്ഞു രണ്ടാളുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാമതൊരാളുണ്ട് ആരാണ് രണ്ടാമത്തെ ആൾ ഉണ്ട് എങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാൾ കൂടി വേണം മൂന്നാമതൊരാൾ ഞാനുണ്ട് അപ്പോൾ അതേപോലെ എങ്ങനെയാണ് ഈ നാലാമതൊരാൾ കൂടി വേണം യഥാർത്ഥത്തിൽ അവർക്ക് ഭയമായിരുന്നു പ്രവശികൾക്കെതിരെ തിരിയാന്നുള്ളത് അവർ വളരെയധികം പേടിപ്പിച്ചിരുന്നു ഇതുവരെ അവർ ഒട്ടകത്തിന്റെ പുറത്ത് ഭക്ഷണവുമായി നടന്നു പോകുമ്പോൾ ജഹൽ അബുൽ അഹബിനെ പോലുള്ള ആളുകൾ അവരുടെ മുന്നിൽ നിൽക്കും ഭക്ഷണം അങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അതങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയാൽ നിന്റെ മക്കയിൽ നാളെ ഞാൻ വഷളാക്കി കളയും നിന്നെ നാണം കെടുത്തി കളയും ഞങ്ങളുടെ കരാറിനെതിരെ നിന്നവനാൻ കരാറിനെതിരെ നിൽക്കാന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ തെറ്റാൻ അങ്ങനെ അവർ മക്കയിലെ പുറേശ്ശികൾ അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെ അഞ്ച് ആളുകൾ അങ്ങനെ മൊത്തം അഞ്ചു ആളുകൾ ഈ ഒരു കാര്യത്തിന് നിൽക്കാൻ അവർ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായി അങ്ങനെ ഈ ഒരു അഞ്ചു പേരും മക്കയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് ഒരു മലയുടെ മുകളിൽ യോഗം കൂടി റു പറഞ്ഞു ഞാൻ ആദ്യം സംസാരിക്കാം നാളെ ആദ്യമായി ഞാൻ സംസാരിക്കാം പിന്നെ നിങ്ങൾ എന്നെ പിന്തുണച്ചാൽ മതി അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം ടുക്കൽ പോയി ഏഴു തവണ തോഫ് ചെയ്തു എന്നിട്ട് കുറേശ്ശികൾക്ക് മുന്നിൽ എഴുന്നേറ്റുന്നുണ്ടോണ്ട് പറഞ്ഞു ഇതാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ മക്കാരെ നമ്മൾ ഇതവിടെ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ഇവിടെ വസ്ത്രം ധരിച്ച് സുഖകരമായി ജീവിക്കുന്നു എന്നാൽ ഹാഷിയും കുടുംബമാകട്ടെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരവിടെ ഭക്ഷണം കഴിക്കാനോ കച്ചവടം ചെയ്യാനോ സാധനങ്ങൾ വാങ്ങിക്കാനോ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കുടുംബ ബന്ധം മുറിക്കുന്ന അനീതി നിറഞ്ഞു ഈ ഏട് ഇവിടെ നിന്ന് ചീന്തി മാറ്റുന്നതുവരെ ഞാനിനി ഇരിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടതോടുകൂടി അബൂജഹൽ എഴുനേറ്റ് നിന്ന് പറഞ്ഞു പറഞ്ഞത് കളവൻ ഈ കളനാണ് ഒരിക്കലും ഈ ഈ കരാർ ഇവിടെ നിന്ന് കീറി നിന്നെ സമ്മതിക്കുകയില്ല അപ്പോൾ ഇന്നലെ കൂടിയ ഈ അഞ്ചാളുകൾ അതിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൊണ്ട് പറഞ്ഞു അബൂജീയാണ് കളവ് പറയുന്നത് ഇത് എഴുതപ്പെട്ട അന്നു മുതൽ തന്നെ ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിന്നോട് യോജിക്കാൻ തയ്യാറല്ല അപ്പോൾ മൂന്നാമത്തെ ആൾ എഴുന്നേറ്റും അബുൽ ബഖ്തരി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ജനാൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്കാർക്കും ഇതിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഈ അഞ്ചു ആളുകളും എഴുന്നേറ്റു നിന്നു അതോടുകൂടി പൊതുവെ കാര്യത്തിനും ആളുകൾ എതിനായി കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കുന്ന മാർഗം ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയും അബു ജഹൽ പറഞ്ഞു ഇത് ഇവർ മുന്നേ തന്നെ കൂടിയാലോചിച്ച് ചെയ്തതാണ് ഇത് ഇവരുടെ ഗൂഢാലോചനയാണ് ഇത് ഇവർ വേറെ അവിടെ നിന്നും ആലോചിച്ചു അങ്ങനെ ഇവർക്കിടയിൽ തർക്കം നടന്നു കൊണ്ടിരിക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞു അബൂ ത്വാലിബ് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്കൊരു യുരമ അറിയിcreateStatement ഉണ്ട് എന്താണ് അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ എഴുതിയ ആ കരാർ ആ കരാറിലെ ഏടുകൾ അത് ചിദലുകൾ തിന്നാവുന്ന അവസ്ഥയിലാണ് ആക്കിയിട്ടുണ്ട് ചിദലുകൾ അതിലെ എല്ലാ ഏടുകളും തിന്നു തീർത്തിരിക്കുന്നു അള്ളാഹുവിന്റെ പേര് ബാക്കി നിൽക്കുന്ന ഭാഗം വാങ്ങിക്കും ബാക്കി എല്ലാ ഏടുകളും ചിതലുകൾ തിന്നുകഴിഞ്ഞിട്ടുണ്ട് അബു താലിബ് ചോദിച്ചു നിന്റെ റബ്ബു തന്നെയാണോ നിന്നോട് ഇത് പറഞ്ഞത് പറഞ്ഞു അതെ സത്യമാണ് അപ്പോൾ അബൂ താലിബ് ബനു ഹാഷിൻ കുടുംബത്തിലെ ചില ആളുകളെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു ഈ സംഭവം ഒരുമിച്ചാണ് നടക്കുന്നത് അങ്ങനെ അവർക്ക് അബ്ബയുടെ പരിസരത്തേക്ക് അബൂ താലിബും കൂട്ടരും കയറി മക്കയിലെ മുഷരിക്കുകൾ കണ്ടു അപ്പൊ അവർ ധരിച്ചു അബൂ താലിബും കൂട്ടരും ബുദ്ധിമുട്ട് സഹിക്കവയ്യാതെ ഇനി മുഹമ്മദിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ അബൂ താലിബ് അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ മക്ക ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടു യോജിക്കാവുന്ന ഒരു കാര്യം പറയാനാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ എഴുതിയ ആ കരാറിന്റെ രേഖ കൊണ്ടുവരുക നമുക്കതൊന്ന് നോക്കാം അത് ഷിറയുടെ ഗ്രന്ഥങ്ങൾ കാണാം അബൂ താലിബ് അങ്ങനെ പറയാനുള്ള കാരണം അബൂ താലിമിന് വലിയ ഉറപ്പില്ല ഇത് ഇനി അഥവാ ചതിൽ തിന്നിട്ടില്ലെങ്കിലോ അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉറപ്പുവരുത്താൻ വേണ്ടി അബ്ബുതാലിബ് പറഞ്ഞ ആദ്യ ഏട് നിങ്ങൾ കൊണ്ടുപോവാൻ നമുക്കത് നമുക്ക് രണ്ടുപേർക്കും യോജിക്കാവുന്ന ഒരു കാര്യം ചെയ്യാം അങ്ങനെ അത് കൊണ്ടുവരാൻ പോയപ്പോൾ അബുതാലിബ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അതിലെ ഏടുകളെല്ലാം ചിതൽ തിന്നിട്ടുണ്ട് എന്നാണ് അത് ചിതൽ തിന്നിട്ടുണ്ട് എന്ന മുഹമ്മദിന്റെ വാക്ക് സത്യമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇത് അവസാനിപ്പിക്കുക നിങ്ങളുടെ കരാർ നശിച്ചുപോയിരിക്കുന്നു നിങ്ങളത് അവസാനിപ്പിക്കുക ഇല്ല മുഹമ്മദ് പറഞ്ഞത് കളവാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുനേക്കാം നിങ്ങൾ മുഹമ്മദിനെ കൊല്ലുകയോ അതല്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ മുഹമ്മദിനെ വെറുതെ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട അങ്ങനെ കുറെശികൾ സമ്മതിച്ചു അങ്ങനെ അവർ കരാറ് എടുക്കാൻ വേണ്ടി പുറപ്പെട്ടു കബയുടെ ഉള്ളിലാണ് അതിൻ്റെ ചോരുകളിലാണ് അത് തൂക്കിയിട്ടുള്ളത് അവർ പോയി നോക്കിയപ്പോൾ ആ കരാറിന്റെ ഏടുകൾ തിന്നുകഴിഞ്ഞിട്ടുണ്ട് ചിതൽ ഭക്ഷിച്ചിട്ടുണ്ട് ബിസ്മിക് അള്ളാഹു എന്ന ചില വാക്കുകൾ ഒഴികെ അള്ളാഹുവിന്റെ വാക്ക് പേരുകളുള്ള ചില ഏടുകളൊഴികെ ബാക്കിയെല്ലാം ചിതൽ ഭക്ഷിച്ചതായി അവർ കണ്ടു അങ്ങനെ മക്കയിലെ കണ്ടപ്പോൾ അവർ എല്ലാ സന്ദർഭത്തിലും ചെയ്യാറുള്ളത് പോലെ താലിബ് നിന്റെ മുഹമ്മദ് അവന്റെ സിഹറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മുഹമ്മദിന്റെ സിഹറിൽ പെട്ടതാണിത് അതല്ലാതെ മുഹമ്മദിനു അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിച്ചു എങ്കിലും എങ്കിലും അബു താലിബ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലേശികളുടെ സമൂഹമേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ തടുത്തുവച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങൾ ഉപരോധിച്ചിരിക്കുന്നത് ൾ തിരമത് നിങ്ങളാണ് കുടുംബ ബന്ധം നിങ്ങളാണ് തിന്മകൾ പ്രവർത്തിച്ചത് എന്ന് ഇതിനേക്കാൾ വ്യക്തമായി ഇനി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക ഇനി എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് അബു താലിബ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹു ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ അവരുടെ കാര്യത്തിൽ ഞങ്ങളെ നീ സഹായിക്കണമേ അള്ളാഹു ഞങ്ങളുടെ കുടുംബ ബന്ധം തകർച്ചവരെ അവർക്കെതിൽ നീ ഞങ്ങളെ സഹായിക്കണം അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചു ആ സന്ദർഭത്തിൽ അൽ മുത്തു അതി അൽ മുത്തലൈമു അതി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഏട് അദ്ദേഹം കീറിക്കളയുകയും അങ്ങനെ കുറൈശികൾ അവർ ഉണ്ടാക്കിയ ആ കരാർ അത് അവസാനിക്കുകയും ചെയ്തു അങ്ങനെ ബനു ഹാഷിമും ബനു അബ്ദുൽ മുത്തലിബും അവർ അവരിലെ ചില ആളുകൾ തങ്ങളുടെ വാ വാള് പുറത്തേക്കെടുത്തുകൊണ്ട് അവർക്ക് അബയുടെ പരിസരത്തേക്ക് വരികയും അങ്ങനെ അതോടുകൂടി അവർ ഉണ്ടാക്കിയ ആ കരാർ അവസാനിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് ബസാഹു അലി വസല്ലം അവിടത്തേക്ക് നുപൂവത്ത് കിട്ടി പത്തു വർഷം കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്താമത്തെ വർഷം പത്താമത്തെ വർഷത്തിലാണ് ഈ പറഞ്ഞ ഉപരോധം അവസാനിക്കുകയും മുസ്ലിംങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത് ഇതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അള്ളാഹു സുബാൻ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് മറക്കട്ടെ